അടുത്ത ശ്ലോകം നോക്കൂ അപ്പോ ഇങ്ങനെയാ കർമ്മം ചെയ്യേണ്ടത് അസക്തബുദ്ധിസത്ര അതല്ലേ അടുത്ത ശ്ലോകം ജിതാത്മാവിഗതസ്പൃഹ നൈഷ്കർമ്മ്യസിദ്ധിം പരമാ സന്യാസേനധിഗതി നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ പരമ കാഷ്ടയാണ് അതാണ് ഇവിടെ ഭഗവാൻ ഇനി പറയണത് ശങ്കരാചാര്യരുടെ ഒരു ശിഷ്യൻ വലിയ കർമ്മഠനായിരുന്ന മണ്ഡനമേശ്വരവും സുരേശ്വരാചാര്യരായിട്ട് മാറിയപ്പോൾ ആദ്യം എഴുതിയ പുസ്തകമാണ് നൈഷ്കർമ്മ്യ സിദ്ധി കർമ്മമൊക്കെ കൊഴിഞ്ഞു പോയ അവസ്ഥ കർമ്മമൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതം പൂർണ്ണമാവണത് ഈ നൈഷ്കർമ്മ്യ സിദ്ധിയിലാണ് ഒന്നും ചെയ്യാനില്ല ഒന്നും നേടിയെടുക്കാനില്ല ഒന്നും ആയിത്തീരാനില്ല ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ശരീരമില്ലായ്മ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ പൂർണത്വം മനസ്സുകൊണ്ട് സമ്പർക്കമില്ലായ്മ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതിരുവരമ്പില്ലാത്ത ബോധത്തിന്റെ അനുഭവം ആ അനുഭവത്തിന് ഈ കർമ്മം എങ്ങനെ കൊണ്ടെത്തിക്കും എന്ന് വെച്ചാൽ അസക്ത ബുദ്ധി സർവത്ര എല്ലായിടത്തും ഡിറ്റാച്ച്ഡ് ആവുകയാണ് ഒരു മനുഷ്യന് സാധിക്കാവുന്ന വലിയ ഒരു കാര്യം കാരണം എവിടെ ഒട്ടിപ്പിടിക്കണോ മനസ്സ് അവിടെയൊക്കെ വേദന ഉണ്ടാവും എന്തിലൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടോ അതൊക്കെ എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് വേദന തന്നുകൊണ്ട് നമ്മൾ വിട്ടുപോകും മൈത്രിയിട് യാജ്ഞവൽക്കാൻ പറയുന്നു ഹേ മൈത്രി ആത്മാവിൽ നിന്ന് അന്യമായി എന്തിനെ ഇഷ്ടപ്പെട്ടാലും അതൊക്കെ നിനക്ക് വേദന ഉണ്ടാക്കിക്കൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം വിട്ടുപോകും അതുകൊണ്ട് എല്ലാത്തിനെയും മാറ്റി നിർത്തുക പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ മരിക്കാൻ തയ്യാറാവാണ് ദിസ് ഈസ് പ്രാക്ടീസ് ഓഫ് ഡെത്ത് അല്ല നമ്മളും മരിക്കണതൊന്നും മരണമേ അല്ല കാരണം അടുത്തതിലേക്ക് റെഡി ആയിട്ടാണല്ലോ പോണത് അല്ലേ ഇവിടെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ നിവർത്തിപ്പിക്കുകയാണ് എല്ലാം ഒന്നും വേദന ഉണ്ടാക്കുന്ന ഓരോ കാസും ഓരോ വിത്തും എടുത്തുകളയാണ് അസക്ത ബുദ്ധി സർവത്ര എല്ലാം എന്ത് വേദന ഉണ്ടാക്കണോ ആശയൻ ആശയ തിരുമൂലർ പറഞ്ഞു ആശയൻ ആശയ വിട്ടുകളും രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു ആശയ എന്തിനാ രണ്ടു പ്രാവശ്യം എന്ന് വെച്ചാൽ ഈശ്വരനോട് ആശയുണ്ടാക്കിയിട്ട് ലോകത്തിലുള്ള ആശയൊക്കെ കളഞ്ഞേക്കും ഈശ്വനോടാകിലും ആശയെ അറിമിൻ ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒരു ഈശ്വരനെ ഭാവന ചെയ്യുന്നതും വിട്ടുകളയൂ പട പടത്തുൻപാനേ ആശയ വിടവിട ഇൻപം താനേ എല്ലാ ആശയും പോയി കഴിയുമ്പോ ആനന്ദം ശാന്തി നിർവൃത്തി അതുകൊണ്ട് പതുക്കെ പതുക്കെ വേദന ഉണ്ടാവുണ്ടോ വിട്ടുകളയാ ഏത് വിഷമിപ്പിക്കണ്ടോ വിട്ടുകളയാളുകൊണ്ട് വിട്ടുകളയാ അതൊരു സാധന അസക്ത സർവത്ര ജിതാത്മാ മനസ്സിനെ നിയമനം ചെയ്ത് ആത്മധ്യാനത്തിൽ ഇരിക്കുന്നവൻ ആത്മാനുഭവത്തിനെ പതുക്കെ പതുക്കെ തെളിവാക്കുന്നവൻ വിഗതസ്പൃഹ ഒരു ഫലത് ഫല ഫലം കിട്ടുന്നതിലും ഇച്ഛയില്ലാതെ ഒരു വസ്തുവിനോടും സ്പെഷ്യൽ ആയിട്ട് ഒരു വേണമെന്ന് തോന്നലില്ലാത്തവൻ ഇത് മൂന്ന് പ്രാവശ്യം വീണ്ടും വീണ്ടും പറയാണ് അസക്തബുദ്ധി തന്നെ ജിതാത്മാ ജിതാത്മാ തന്നെ എങ്കിലും ഒന്ന് ബലമാക്കി പറയുകയാണ് അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതപൃഹ സങ്കരഹിത യംഭൂത ആത്മജ്ഞ ആത്മാവിനെ അറിഞ്ഞാള് നിഷ്ക്രിയ ബ്രഹ്മാത്മസമ്പോധാ സ നിഷ്കർമ്മ തൈഷ്കർമ്മ്യം ആത്മാവിനെ അറിയുമ്പോ ആത്മാവിൽ കർമ്മമേ ഇല്ല അവിടെ ഒരു ചലനമില്ല നിഷ്ക്രിയാത്മസ്വരൂപ അവസ്ഥാനലക്ഷണി ഒരു കർമ്മവും സ്പർശിക്കാത്തതായ ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നതാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് ഭഗവാൻ പറഞ്ഞത് അങ്ങനെയുള്ള നൈഷ്കർമ്മ്യ സിദ്ധി ഇയാള് നേടിയെടുക്കുന്നു എപ്പോന്ന് വെച്ചാൽ എല്ലായിടത്തുമുള്ള അറ്റാച്ച്മെന്റ് എടുത്തു മനസ്സിനെ ആത്മവിചാരം കൊണ്ട് പരിഭാഗപ്പെടുത്തി ആത്മാവലിയിരുത്തി അപ്പോ നൈഷ്കർമ്മ്യ സിദ്ധ്യം പരമാം ഉത്കൃഷ്ടതമാം ഉത്കൃഷ്ടതമമായ നൈഷ്കർമ്മ്യ സിദ്ധി സന്യാസേനാധിഗച്ചതി അപസന്യാസം അപ്പോഴാണ് സന്യാസം ഈശ്വര അഭ്യർത്ഥന രുപേണ ജനിതാം പ്രാകുക്തലക്ഷണം സിദ്ധിം ഉത്പന്ന ആത്മവിവേകജ്ഞാന കേവല ആത്മജ്ഞാനനിഷ്ഠാരൂപാ നൈഷ്കർമ്മ്യലക്ഷണ സിദ്ധി എന്നൊക്കെ ഭാഷക്കാരൻ നമ്മുടെ കേരളത്തില് നല്ല വേദാന്ത ആചാര്യനായിരുന്നു ഗീതയ്ക്ക് വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട് ജി ബാലശ്വരൻ നായർ സാർ വിക്ടോറിയ കോളേജിലെ പ്രൊഫസറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അദ്ദേഹം നല്ല ഒരു മഹാവിദ്വാൻ ജീവിതം മുഴുവൻ വേദാന്തം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മഹാത്മാ അവസാന കാലം ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് എന്നോട് പറഞ്ഞു ഒരു ദിവസം തനിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു ഇപ്പോ ഒന്നിലും രുചിയില്ല ഒരു ചായ കുടിക്കണമെന്നുപോലും ഒരു വൃത്തി ഉള്ളിൽ അസക്ത ബുദ്ധി സർവത്ര ഈ ശ്ലോകം ചൊല്ലി അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം ഒരു വിഷയത്തിലും മനസ്സ് പോകുന്നില്ല ശാന്തി ശാന്തി ഒന്നും ശരീരത്തിന് വയ്യ ശരീരം വയ്യാതാവും ഞാൻ ഈ ശരീരമല്ല എന്ന് ഉറപ്പായിക്കൊണ്ടേവരാണ് ദൃഢമായിക്കൊണ്ടേവരെയാണ് ണ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഗുരു അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഏഴു വയസ്സ് കുട്ടി ടെറ്റനസ് ആയിട്ട് മരിക്കാൻ കിടക്കുകയാണ് അപ്പോ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ശിവനാമം കൊടുത്ത് പഞ്ചാക്ഷരം കൊടുത്തിട്ട് എല്ലാരും ആസ്പത്രികളിലുള്ളവരൊക്കെ നോക്കിയിരിക്കുമ്പോ ജപിക്കാൻ പറഞ്ഞു ആസ്പത്രി നോക്കി അദ്ദേഹം കമ്മ്യൂണിസവും യുക്തിവാദവും ഒക്കെ ആയിട്ട് നടന്നിരുന്നതാണ് നല്ല പണ്ഡിതനായിരുന്നു സംസ്കൃതവും ഹിന്ദിയും മലയാളം ഒക്കെ അറിയാം നാൽപ്പത് മിനിറ്റ് അരവിന്ദൻ എന്നു പേരുള്ള ആ കുട്ടി അങ്ങനെ നാമം ജപിച്ചുകൊണ്ട് ശരീരം ഇട്ടു ഇതൊക്കെ സാറിന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്നോട് ഈ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി പ്രസന്നമായിട്ട് വളരെ വേദനയുള്ള ശരീരം ശാന്തമായിട്ട് ഉപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു പഠിച്ചതിൻ്റെയൊക്കെ പ്രയോജനം ഇങ്ങനെ മരിക്കലാണ് ഇനി ഈ പഠിപ്പ് കൊണ്ട് എനിക്ക് ഇങ്ങനെ മരിക്കാൻ കഴിയണ പോലെ ഞാൻ ജീവിക്കണം എന്ന് തീരുമാനിച്ചു ബാക്കിയൊക്കെ മാറ്റിവെച്ചു തീസിസൊക്കെ കൊടുക്കാൻ ഡോക്ടറേറ്റിന് കൊടുക്കാൻ വെച്ചിരുന്നതാണ് അതൊക്കെ അങ്ങോട്ടെത്തു മാറ്റിവെച്ചു വേദാന്ത നിശ്ചയം വരുത്താനായി ഉപനിഷത്തും ഭാഷ്യങ്ങളും ഒക്കെ പഠിച്ച് വിചാരം ചെയ്ത് മനനം ചെയ്ത് ദൃഢമാക്കി അത് അവസാന കാലം അദ്ദേഹം തെളിയിച്ചു ശരീരം എനിക്ക് കൂടുതൽ കൂടുതൽ ഉറപ്പായിക്കൊണ്ടുവരികയാണ് ഞാൻ ഈ ശരീരമല്ല ഞാൻ ബോധമാണ് ബ്രഹ്മമാണ് നൈഷ്കർമ്മ്യ സിദ്ധ്യം പരമാം ഒരു ജീവിതത്തിലെ ശരീരം പറഞ്ഞാൽ കെക്കാതാവുമ്പോ പുറമേ നിന്നൊന്നും നേടിയെടുക്കാനില്ലാതാവുമ്പോ ഇന്ദ്രിയങ്ങളൊന്നും വഴങ്ങാതാവുമ്പോൾ ഉള്ളില് ശാന്തിയുടെ ഒരു കടലൊരു സമുദ്രം ഉണ്ടാവുമെങ്കിൽ അപ്പോ നിങ്ങളുടെ ജ്ഞാനം സർവത്തോഭദ്രമാണെന്നർത്ഥം ഇന്ദ്രിയങ്ങളൊക്കെ ബലമായിട്ടിരിക്കുന്നു എല്ലായിരിക്കും അപ്പോ നമുക്ക് എന്ത് പറയാം അല്ലേ ഒന്നും വയ്യാതാവുമ്പോഴാണ് ഈ പ്രജ്ഞ സ്ഥിതപ്രജ്ഞ എന്നുള്ളത് അറിയാം ഈ പ്രജ്ഞ ദൃഢമാണോ എന്നുള്ളത് അറിയാം അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞത് കർമ്മം കൊണ്ടുള്ള ശാന്തിയല്ല എല്ലാത്തിനും വിട്ടുകഴിഞ്ഞിട്ട് സന്യാസം എന്ന് പറഞ്ഞ വിടലാണല്ലോ സർവമുപേക്ഷിച്ച് കഴിയുമ്പോ ഈശ്വര അഭ്യർച്ചനൂപേണ ജനിതാം സ്വകർമാനുഷ്ഠാനേന് ഈശ്വരാഭ്യർച്ചന രൂപേണ ജനിതാം സിദ്ധിം പ്രാപ്തസ് ഉത്പന്ന ആത്മവിവേക വിജ്ഞാനസ് ത്മജ്ഞാനനിഷ്ടൂപാ നൈഷ്കർമ്മ്യലക്ഷണ സിദ്ധി ഏനക്രമേണ आ ആ നൈഷ്കർമ്മ്യസിദ്ധി എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അത് പറയാം പുറപ്പെടുക സിദ്ധിം പ്രാപ്തോ യ്രഹ്മോതിനിബോധമേ സമാസേന കൗന്തയാ निष्ठा योग्यता സിദ്ധിം പ്രാപണ ഈശ്വരം സമഭ്യർയ തോ്യത പരമാത്മാനം ആമം मे വചന നിബോധ ഹേ അർജുന അറിഞ്ഞുകൊള്ളക്കാം സംക്ഷേപമായിട്ട് തനിക്ക് ഞാൻ പറഞ്ഞുതരാം ഹേ അർജുന സിദ്ധിം പ്രാപ്ത ആത്മജ്ഞാനിയായ ആള് എങ്ങനെയുണ്ടാവും എങ്ങനെയാണ് അയാള് ബ്രഹ്മത്തിനെ അറിയണത് സംക്ഷേപമായിട്ട് തനിക്ക് ഞാൻ പറഞ്ഞു തരാം ജ്ഞാനത്തിന്റെ പരാനിഷ്ഠ എന്താണെന്ന് പറഞ്ഞു തരാം പരാകാഷ്ട എന്താണെന്ന് പറഞ്ഞുതരാം ിൽ നിന്ന് നീ ഇത് അറിഞ്ഞുകൊള്ളുക ഹേ അർജുന ബ്രഹ്മപ്രാപ്തിലക്ഷണത്തിനെ അറിഞ്ഞുകൊള്ളുക യഥാ പ്രാപ്നോതിനിഷ്ഠ പര്യവസാനം അതറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ് ഭഗവാൻ പറയാണ് കീദൃശീ സാദൃശം ആത്മജ്ഞാനം ഉപനിഷദ്വാക്യൈ ന്യായ യാദൃശോ ഭഗവതാ ഉ ഉക്ത ഇതൊക്കെ ഇനിയാണ് പറയാൻ പോണത് ജ്ഞാനനിഷ്ഠ എന്താണ് ഇതില് ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ ചില കാര്യം പറയുന്നു ജ്ഞാനത്തിനെ ബ്രഹ്മജ്ഞാനത്തിനെ നേടിയെടുക്കേണ്ട കാര്യമില്ല അവിദ്യ നിവർത്തിപ്പിക്കൽ മാത്രമാണ് അവിദ്യ അധ്യാരോപണ നിരാകരണ മാത്രം ബ്രഹ്മണി കർത്തവ്യം നതു ബ്രഹ്മജ്ഞാനേ യത്ന ബ്രഹ്മം എന്ന് പറയണത് അത്യന്ത പ്രസിദ്ധം എന്നാണ് പറയണത് നമ്മൾ ഏതൊന്നാണോ ഏതോ കിട്ടാത്ത സ്ഥലത്തിരിക്കണത് എന്ന് അതിനെ വേദാന്തം പറയണത് എല്ലാവർക്കും പ്രസിദ്ധമാണ് ഈശ്വരൻ എന്ന് പറയണത് എല്ലാവരുടെ അനുഭവത്തിലുണ്ട് ആത്മാവായിട്ട് ആത്മാവ് എന്ന് പറയണത് എല്ലാവരുടെ അനുഭവത്തിൽ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അതാണ് ഈ ഞാനെന്ന് പറഞ്ഞത് ശരീരമോ മനസ്സോ ബുദ്ധിയോ എന്ന് ആരാഞ്ഞ് നോക്കുമ്പോ കാണാൻ ശരീരമോ മനസ്സോ ഒന്നും അല്ല അത് ആത്മാവാണ് ബ്രഹ്മമാണ് അപ്പൊ അത് സിദ്ധമാണ് പിന്നെ എന്തെയാ അറിയാത്തത് അവിദ്യാകല്പിത നാമരൂപ വിശേഷാകാര അപഹൃത ബുദ്ധിത്വാത് അജ്ഞാനം കൊണ്ട് പുറമേക്ക് കണ്ണൊക്കെ തിരിച്ചു വെച്ച് നാമം രൂപം പല വിധത്തിലുള്ള സ്വഭാവ ഗുണങ്ങൾ വിട്ടു അങ്ങനെ വിട്ടതുകൊണ്ട് വളരെ അടുത്ത് ഈ കാണുന്ന കണ്ണിന് പുറകില് കേൾക്കുന്ന ചെവിക്ക് പുറകില് ഈ അറിയുന്ന അറിയുന്നവന് പുറകില് അത്യന്ത പ്രസിദ്ധം സുവിജ്ഞേയം ആസന്നതരം ആത്മഭൂതമപി വളരെ പ്രസിദ്ധമായിട്ട് സുവിജ്ഞേയം വളരെ എളുപ്പത്തിൽ അറിയേണ്ടതായിട്ട് ഏറ്റവും അടുത്തതായിട്ട് ആസന്നതരമപി ആത്മഭൂതമപി നമ്മളുടെ സ്വരൂപം ആത്മാവായിട്ട് തന്നെ ഇരുന്നിട്ടും അപ്രസിദ്ധം ദുർവിജ്ഞേയം അതിദൂരം അന്യദീപ്രതിഭാതി വളരെ അപ്രസിദ്ധമായിട്ടും ദൂരത്തിലുള്ളതായിട്ടും എന്നിൽ നിന്ന് അന്യമായിട്ടും ഒക്കെ തോന്നുന്നു അവിവേകിനാം വിവേകമില്ലാത്തവർക്ക് വിവേകം വന്ന ആളുകൾക്കോ ബാഹ്യാകാര നിവൃത്ത ബുദ്ധി നാം തൂന്നു ഏയ് ഈ വിവേകമൊക്കെ വന്നു എന്നിപ്പോ എങ്ങനെയാ നിശ്ചയിക്ക എങ്ങനെയാപ്പ്ഞാനുണ്ടായിന്ന് തീരുമാനിക്ക എങ്ങനെ കിട്ടും അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞു ലബ്ദ ഗുരുവാത്മപ്രസാദാണാം രണ്ട് കൃപ സമ്പാദിക്കണമെന്നാണ് ഒന്ന് ഗുരു രണ്ടു ഉള്ളിലുള്ള അന്തര്യാമി ഉള്ളിലുള്ള അന്തര്യാമിയുടെ കൃപ സമ്പാദിക്കുമ്പോൾ വെളിയിൽ ഗുരുവിനെ കിട്ടും ഗുരുവിനെ കിട്ടുമ്പോൾ ഗുരുവിനെ അറിയുകയും ചെയ്യും നമുക്ക് ഇതാണ് നമുക്ക് വഴി ആ ഗുരു ഉപദേശിക്കുമ്പോൾ ഉള്ളില് അന്തര്യാമിയും പ്രസന്നമാവും അപ്പൊ പുറമേക്ക് ഗുരുവും അകമേക്ക് അന്തര്യാമിയും ആചാര്യ ചൈത്യവപുഷാ സ്വഗതിം വ്യനക്തി ലബ്ദ ഗുരുവാത്മപ്രസാദാനാം അതഹാപരം സുഖം സുപ്രസിദ്ധം സുവിജ്ഞേയം സ്വാസന്നം അസ്ഥി ഗുരുവിന്റെയും ആത്മാവിന്റെയും കൃപസിധിച്ചവർക്ക് ഇത്രയധികം എളുപ്പം സുലഭമായിട്ടുള്ള ഒരു കാര്യമില്ല അതുകൊണ്ടാണ് പ്രത്യക്ഷ അവഗമം ധർമ്മ്യംസുഖം കർത്തും അവ്യയം എന്ന് ഒമ്പതാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് ഇത്രയൊക്കെ ശങ്കരാചാര്യരും ഭാഷയത്തിൽ പറഞ്ഞു ഇത് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത് ശരിയായ ഗുരുസമ്പ്രദായത്തിൽ വരാത്തത് വേദാന്തം എന്ന ശാസ്ത്രം കേൾക്കാത്തത് ഗുരു സമ്പ്രദായം അശ്രുത വേദാന്ത അത്യന്ത ബഹിർവിഷയാസക്തബുദ്ധീനം സമ്യക്ണേഷു അകൃത ശ്രമാ തദ്വിപരീതം ലൗകിക ഗ്രാഹ്യ ഗ്രാഹക ദ്വൈത വസ്തു സദ്ബുദ്ധി നിതരാം ദുസ്സംപാദ്യം ആത്മചൈതന്യ വ്യതിരേകേണ വസ്തു അന്തരുലബേ ആത്മചൈതന്യത്തിൽ നിന്ന് അന്യമായി ഒരു വിഷയവും വസ്തുവും ലോകത്തിലില്ല ഉണ്ട് എന്നുള്ള അനുഭവം തന്നിലാണ് ഉള്ളത് പ്രപഞ്ചം തന്നെ ഉണ്ട് എന്ന് ആരോ അനുഭവിക്കണു ബോധമാണ് അനുഭവിക്കണം ഈ ചൈതന്യം ഇല്ലെങ്കിൽ പ്രപഞ്ചം ആരും അനുഭവിക്കാൻ അപ്പൊ ഈ ബോധം ഈ ചൈതന്യം ഇതിനെ അറിഞ്ഞവന് അതാണ് ഏറ്റവും ലളിതമായിട്ടുള്ളത് അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താ ബാഹ്യാകാര ഭേദബുദ്ധി നിവൃത്തി ബാഹ്യ ആകാരത്തിൽ രൂപത്തിലുള്ള ഇത് അത് ഇത് എന്ന് പറഞ്ഞുള്ള ബുദ്ധി ഉണ്ടല്ലോ ഭേദബുദ്ധി അതിനെ നിവർത്തിപ്പിച്ച് ആത്മസ്വരൂപ അവലംബനെ കാരണം അതാണ് ആത്മസ്വരൂപത്തിനെ പിടിക്കാൻ മനസ്സ് പുറത്തു പോവാതെ അന്തർമുഖമാക്കിയാക്കി ആക്കിയാക്കി പഠിച്ചു കഴിയുമ്പോ പതുക്കെ പതുക്കെ ഇരുട്ട് മുറിയിൽ കുറെ നേരം ഇരുന്ന ഇരുട്ടിലുള്ള വസ്തുക്കൾ കാണുന്ന പോലെ ഉള്ളിലിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് അന്തർമുഖമാക്കി കൊണ്ടേയിരുന്ന അന്തർമുഖത്തിലുള്ള ആത്മവസ്തു ആ മണി ആ ജ്യോതി ഉള്ളിൽ പതുക്കെ തെരിയും അത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യാണ് അത് തെളിവായിട്ട് നല്ല വെണ്ണം തിരിഞ്ഞുള്ളിൽ അങ്ങനെ വരും അങ്ങനെ അത് ഉരുത്തിരിഞ്ഞ് വരണത് ഒരു വെണ്ണ കടഞ്ഞെടുക്കുമ്പോൾ ഉരുത്തിരിഞ്ഞ് വരണ പോലെ അതെങ്ങനെ തിരിഞ്ഞുള്ളിൽ വരും നഹി ആത്മാനാമ കഥാചിത് അപ്രസിദ്ധ ോ ഉപാധേയോ ഉപ ആത്മാവെന്ന് പറയുന്നത് ആർക്കും അപ്രസിദ്ധമല്ല നേടിയെടുക്കേണ്ടതൊന്നുമല്ല അത് നിത്യസിദ്ധമാണ് അങ്ങനെയുള്ളതിനെ എങ്ങനെ നേടിയെടുക്കും എന്ന് ചോദിക്കുമ്പോ ധ്യാനം ചെയ്യണം എന്ന് പറഞ്ഞു ഏകാന്തത്തിലിരുന്ന് ധ്യാനം ചെയ്യണം അതിനെന്തൊക്കെ വേണം ആഹാര നിയമനം വേണം ബാഹ്യമായ ശബ്ദാദി വിഷയങ്ങളെയൊക്കെ വിട്ട് മറ്റു വസ്തുക്കളുമായി സമ്പർക്കമില്ലാതെ ലഘുവായി ഭക്ഷണത്തോടുകൂടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയമനം ചെയ്തുകൊണ്ട് മനസ്സിനെ അന്തർമുഖമാക്കി അഹങ്കാരം ബലം മറ്റുള്ളവരെ ദ്രോഹിക്കല് മറ്റു വിഷയങ്ങൾ മനസ്സിൽ വിടലൊക്കെ വിട്ട് ശാന്തനായി ആത്മധ്യാന പരിശീലനം ചെയ്യുന്നു അവൻ ബ്രഹ്മഭൂതനായിട്ട് തീരും ഇതാണ് അടുത്ത ശ്ലോകം നമ്മൾ അത് വായിച്ചു നിർത്താം നാളെ നമ്മള് ആ ശ്ലോകം തൊട്ട് ആ ധ്യാനയോഗപരനായ ഭക്തന്റെ ആ ലക്ഷണങ്ങൾ അത് തൊട്ടു തുടങ്ങി പതുക്കെ ശരണാഗതി ഭഗവാന് സർവ്വ വിഷയങ്ങളെയും വിട്ട് ശരണാഗതി ചെയ്യുക എന്നുള്ള ഗീതാശാസ്ത്രത്തിൻ്റെ പരാകാഷ്ടയിലേക്ക് എത്തുകയാണ് നാളെ നമുക്കിത് പത്ത് ദിവസമായി അദ്ഭുതമായിട്ട് നടന്ന ഈ യജ്ഞം നമ്മൾ ഭഗവത് അർപ്പണം ചെയ്യുകയാണ് രാമൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പതിനെട്ട് വർഷമായിട്ട് വിചിത്തിയില്ലാതെ നടത്തിക്കൊണ്ടുവന്ന ഒരു യജ്ഞമാണ് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു ടേബിളിടും ഒരു മൈക്ക് വയ്ക്കും അങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ് ഈ വർഷം എല്ലാവരും കൂടെ തീരുമാനിച്ചത് ഒരു പതിനെട്ട് വർഷം ശ്രവണം ചെയ്തതിൻ്റെ ഒരു ആനന്ദം അത് ഒരു ഭഗവത് ആരാധനയാക്കി തീർത്തു എൻ എൻ രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞ പോലെ ആദ്യം തന്നെ അദ്ദേഹം എപ്പോഴും പറയായിരുന്നു പതിനെട്ട് വർഷം കേൾക്കാനുള്ള ഭാഗ്യം കിട്ടണം പതിനെട്ട് വർഷം കേൾക്കാൻ ഭാഗ്യം കിട്ടുവോ എന്നൊക്കെ ശങ്കിച്ച് അദ്ദേഹം പതിനെട്ട് വർഷമായി ഇതേപോലെ ഇരുന്ന് കേട്ട് ആരോഗ്യമായിട്ട് ഇരുന്ന് കേട്ട് കേട്ട ഒരു വ്യക്തിയാണ് ഇതേപോലെ എത്രയോ ആളുകൾ ഇവിടെ പതിനെട്ട് വർഷമായിട്ട് ശ്രവണം ചെയ്ത ആളുകൾ ഇവിടെ ഈ മഹായജ്ഞത്തിനെ നാളെ നാളെ നമ്മൾ സമർപ്പണം ചെയ്യാണ് ഞാനിവിടെ വന്ന് ഇരുന്ന് ഗീത പറഞ്ഞു എനിക്ക് ഇവിടെ ഇരുന്നാലും വീട്ടിലിരുന്നാലും ആരെങ്കിലുമൊക്കെ വന്ന് ചോദിച്ചാലും ഒക്കെ പറയാനുള്ള കാര്യമേ ഉള്ളൂ പക്ഷേ ഇത് ഇതിന് പുറകിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച് കുറേ ദിവസമായി ഇതിനു വേണ്ടി പണിയെടുത്ത ഒരുപാട് പേരുണ്ട് അവരൊന്നും ഓരോരുത്തരെയായിട്ട് പേരെടുത്ത് പറയണ്ട എല്ലാവർക്കും അറിയാം അവരൊക്കെ അത്ര ശ്രദ്ധയോടെ ഭക്തിയോടെ ഒരു ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചതാണ് അതോടെ ഈ ബി ഈ വർഷം ഈ അജ്ഞം പത്ത് ദിവസം നടത്തുന്നതുകൊണ്ട് ഇതിനോടുകൂടെ ബാക്കി പരിപാടികളൊന്നും വെക്കാതെ ഇത് മാത്രമായിട്ട് നടത്തണമെന്ന് തീരുമാനിച്ച് ഇത്രയും നല്ല അനുകൂലമായ ഒരു സാഹചര്യം അല്ലെ വാഹനങ്ങൾ നിർത്താനും എല്ലാവർക്കും വന്ന് ഇരിക്കാനും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ശ്രവണം ചെയ്യാനും ഉള്ള ഒരു സന്നിവേശം ഈ സന്നിവേശത്തിൽ എത്രയോ ആളുകൾ നിങ്ങളൊക്കെ വന്ന് ശ്രദ്ധയോടെ ഭക്തിയോടെ കേട്ടു ഇതിൽ രണ്ടു പേരാണ് മുഖ്യം ഒന്ന് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ രണ്ട് നടത്തുന്ന ആളുകൾ എനിക്ക് പിന്നെ നാളെയും ഇത് തന്നെയാണ് മറ്റന്നാളെയും ഇത് തന്നെയാണ് എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുസ്യൂതം നടക്കുന്നൊരു വിഷയം ഇതിൻ്റെ ഈ ശ്രദ്ധയുടെ ഫലം ഭഗവാൻ നടത്തി നടത്തിച്ച ആളുകൾക്കും ശ്രവണം ചെയ്ത എല്ലാവരുടെ ഹൃദയത്തിലാശാന്തിയും ആനന്ദവും ഇവിടെ ഈ സത്സംഗത്തിലെ നമ്മൾ ഗീത പറയുമ്പോൾ വേദാർത്ഥ നിരൂപണം നമ്മളുടെ സനാതനധർമ്മത്തിനെ ഒക്കെ പറഞ്ഞു തൊട്ട് കൊണ്ടുവന്നു അതൊക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിനെ ധന്യമാക്കാനുള്ള ഒരു വഴിയാണ് വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞു ജീവിതം അവസാനിക്കുമ്പോൾ ഒരാൾക്ക് പറയാൻ കഴിയണം ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം പ്രാപ്തവ്യം പ്രാപ്തം കർത്തവ്യം കൃതം എന്ന് പറയാൻ കഴിയണം ചെയ്യേണ്ടത് ചെയ്തു പ്രാപിക്കേണ്ടത് പ്രാപിച്ചു ധന്യനായിട്ട് തീർന്നു ധന്യനായിട്ട് തീർന്നു എന്നൊരാൾ പറയുമ്പോൾ അയാളുടെ ഹൃദയം തൊട്ടു നിറഞ്ഞു എന്നർത്ഥം അങ്ങനെ ഒരു പറയാനുള്ള ഒരു സന്ദർഭമാണ് നമുക്ക് വരേണ്ടത് നാളെ കുറച്ച് ശ്ലോകങ്ങൾ ബാക്കിയുണ്ട് നമ്മൾ ആറുമണിക്ക് നാളെ തുടങ്ങും വൈകുന്നേരം ആറു മണിക്ക് നാളെ പ്രഭാഷണം ആരംഭിക്കും ഇത്രയും ആളുകൾക്ക് യജ്ഞപ്രസാദം കൊടുക്കണം അതിനെക്കുറിച്ചും ഒരു വിഷയം പറയണം ഭഗവാൻ രമണ മഹർഷിയുടെ ജീവചരിത്രം നമ്മൾ വളരെ വർഷം മുമ്പ് എഴുതിയതാണത് മലയാളത്തിലെ ആത്മസാക്ഷാത്കാരം എന്ന പേരിൽ ആ പുസ്തകമാണ് യജ്ഞപ്രസാദമായിട്ട് മെയിനായിട്ട് കൊടുക്കുന്നത് ആ വലിയ പുസ്തകം പലരും വളരെ ഭക്തിയോടുകൂടെ അതിനെ സ്പോൺസർ ചെയ്ത് ഈ പുസ്തകം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം കുറച്ച് വലിയ പുസ്തകമാണത് ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും ഉദാരമായിട്ട് അതവര് തീരുമാനിച്ച് എല്ലാവരുടെ കയ്യിൽ ഈ പുസ്തകം എത്തണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് ഇപ്പൊ ഒരുപാട് പേരുടെ കയ്യിൽ ആ പുസ്തകം നാളെ അതാണ് യജ്ഞപ്രസാദമായിട്ട് കൊടുക്കുന്നത് നാളെ ഗീതയുടെ മുഖ്യ അംശം ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ നമ്മൾ വേദാന്തത്തിൽ അദ്വൈത സമ്പ്രദായത്തിൽ എങ്ങനെ മഹാവാക്യമോ അതുപോലെ അവർ ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ അവർക്ക് മഹാവാക്യം ആയിട്ടുള്ള ശ്ലോകം നാളെയാണ് വരുന്നത് സർവധർമാൻ പരിത്യജ എന്നുള്ളത് അത് നമ്മള് ഒരു ശ്ലോകം ആ ശ്ലോകത്തിനെ അധ്യയനം ചെയ്യണമെങ്കിൽ അമാനുജാചാര്യർ ഒരാളെ ഒരു വീട്ടിൽ പണിയെടുക്കാൻ അയച്ചു എന്തിനാ ശ്ലോകാർത്ഥം അറിയാനായിട്ട് അനുഭവത്തിലൂടെ അത് വിഷയം വേറെ നമ്മളിപ്പോ ശാസ്ത്രം പറയണു ഗീതയെ നിത്യം അധ്യയനം ചെയ്യണം ഗീതയെ ആശ്രയിച്ചു ജീവിക്കണം ഗീത പാരായണം ദിവസം നിത്യാനുഷ്ഠാനമായിട്ട് വെക്കണം ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരു സ്വാമി തപോവൻജി മഹാരാജ് അദ്ദേഹം പാലക്കാട്ടുകാരനാണല്ലോ അദ്ദേഹത്തിന്റെ ജീവചരിത്രം നോക്കിയാൽ കാണാം അവസാന കാലം വരയ്ക്കും കേ ഒരു നിത്യാനുഷ്ഠാനം വെച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ ഗീതയിലെ പതിനെട്ട് അധ്യായവും ദിവസം ചൊല്ലി തീർക്കാം മുഴുവനും അത് അദ്ദേഹത്തിന്റെ നിത്യാനുഷ്ഠാനത്തിന്റെ ഭാഗമായിരുന്നു അത് വേദപാരായണം പോലെയാണ് ഇപ്പൊ പലരും ബ്രാഹ്മണർക്കും ബ്രഹ്മജ്ഞ പ്രശ്നം ദിവസം ചൊല്ലണം എന്നുണ്ട് അപ്പൊ വേദാധ്യയനം ചെയ്യാത്തവർ എന്ത് ചെയ്യും എന്നുവെച്ചാൽ സന്ധ്യാവന്തനത്തിൻ്റെ കൂടെ ഗീതപാരായണം ചെയ്യാം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന് ആചാര്യസ്വാമി തന്നെ പറഞ്ഞു യഥാധ്യനം ചെയ്യാൻ കഴിഞ്ഞാൽ ഗീതാപാരായണം ചെയ്യാം നിത്യ ജീവിതത്തിൽ നിത്യാനുഷ്ഠാനത്തിൽ ഗീതാപാരായണം എന്നുള്ളത് ഒരു ഒരു ധർമ്മമായിട്ട് വെക്കണം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അതിനെ ഭക്തിയോടെ ശ്രദ്ധയോടെ ചെയ്താൽ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടൊന്നും അല്ല കുട്ടികൾക്കിപ്പോൾ കോമ്പറ്റീഷന് ഗീത പഠിക്കേണ്ടത് അത് കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ ഒരു കുട്ടിയോട് ചോദിച്ചു ഞാൻ ഗീത എട്ടാം അധ്യായം അറിയോ അത് കഴിഞ്ഞ വർഷമായി എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണ് മറന്നുപോയെന്നർത്ഥം അങ്ങനെ അതുകൊണ്ട് അതാണ് നോക്കൂ നമ്മളുടെ മോഡേൺ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെ അതാണ് അത് പരീക്ഷയോടെ അവസാനിക്കണു എല്ലാം അവസാനിക്കണം അങ്ങനെ അല്ലാതെ ജീവിതത്തിൽ ഭക്തിയായിട്ട് ഇത് നിത്യസാധനയുടെ ഭാഗമായിട്ട് നമുക്ക് വരാൻ തീരുമാനിക്കണം സത്യം ജ്ഞാനമത്യമോഷ്ട്രാങ്കണരിയാസം പരമായാസം ുവനാരം ശനം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമ മൃത്സ് യശോധ താടന ശേഷ സാധവ വക്തോകലോക്ക ലോക ചുർദ ലോക ോകത്രയ പുരമൂല സ്തംഭം ലോകലോകമനോക്കം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം വൃന്ദാവുവിന്ദഗന വൃന്ദാ ലാളിത് വൃന്ദഭാമലേരുധാനന്ദം സുഹൃദം വന്ദ്യേഷ മഹാമുനിമാന സ വ്യാനന്ദ വന്ദ്യേഷം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം യോ മ ആത്മാവസി ത്വമ തഥോന വാച്യം മിഞ്ചിസ്തിയേഷ്ടം കൂരുമാം തഥൈ ം ആത്മന